പതന്തി പ്രതിപഥം വിഭാപാഗത്തെ ഹന്തി ദുഃഖചരിത നാരാമോഠം കൃഷ്ണൻ അദ്ദേശിക്കായി മോഠം വിവേകമില്ലാത്ത മനുഷ്യന് ദുഃഖചിന്ത ദുഃഖചിന്തകൾ പ്രത്യേകബദ്ധമാകുന്നു ഓരോ നിമിഷവും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു ചിന്ത കൊണ്ട് ദുഃഖിക്കുന്നു ദുഃഖം കൊണ്ട് ചിന്തിക്കുന്നു രണ്ട് സംഭവിക്കുന്നു യഥാകാലം ദഹന്തിച്ച അന്ന് വളരെയധികം ദഹിപ്പിക്കുന്നു വേദനപ്പിക്കുകയും ചെയ്തു യഥാകാലം കാലവചനമാണ് ഓരോ അവസരത്തിനനുസരിച്ച് ദുഃഖചിന്ത തൃണമാഭിനിശ്ചിതോ അഭിനിഷ്ഠിത തൃണത്തെ അനേപ്പിക്കുന്നത് ഇവിടെ പറയുന്ന ഈ ആധ്യാത്മികത എന്ന് പറയുന്ന കഥാപാത്രത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ രാമൻ എന്തിന്റെ കുറവ കൂട്ടായത്തിൽ ജീവിക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സ്വഭോഗങ്ങളെല്ലാം ഉണ്ട് സേവകന്മാരുടെ ചെറ്റും എല്ലാം ഉണ്ട് സാധാരണ മനുഷ്യൻ ദുഃഖിക്കുന്നത് ഭൗതികമായ സാഹചര്യങ്ങളിൽപ്പെട്ട് കഷ്ടപ്പെടുമ്പോഴാണ് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇപ്പോ ഇല്ല ഇവിടുത്തെ ഈ ഭൗതികമായ സൗകര്യങ്ങളെല്ലാം ഒത്തിരുന്നാലും മനുഷ്യൻ ദുഃഖിക്കും മാനസിക അതെന്തുകൊണ്ടാണ് മനസ്സിൻ്റെ ഒരു പ്രത്യേകത ചില മനസ്സിലോട് ഒരു പ്രത്യേകത അതുകൊണ്ടാണ് ഭൗതികമായ സാഹചര്യങ്ങൾ മനസ്സിന് ശാന്തി കൊടുക്കത്തില്ല എന്നൊക്കെ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം കൊടുക്കില്ല എന്നല്ല പലർക്കും അത് കൊടുക്കത്തില്ല ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം അങ്ങനുമായിരുന്നാലും ദുഃഖചിന്താകുന്നതിന് മനുഷ്യനെ ദുഃഖിപ്പിക്കുക എന്തിനെ ദുഃഖിക്കുന്നു ചോദിച്ചാൽ വെറുതെ ദുഃഖിക്കുന്നു മുമ്പ് പറഞ്ഞത് രാമനെ കുറിച്ച് അതിന് തന്നെ അകാരണമായ ദുഃഖം എന്നാണ് എന്തുകൊണ്ടാണ് ദുഃഖം എന്നറിയുന്നത് പ്രത്യേകിച്ച് നിമിത്തവും വെറുതെ ദുഃഖം അത്തരത്തിലുള്ള ഒരു ദുഃഖമാണ് രാമനെയും കൂടെ കൂടി ഇത്തരം ദുഃഖത്തിലാണ് ഇവിടെ ആത്മീയ പരിഹാരം പറയുന്നത് ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം ഉണ്ട് മനുഷ്യന് പക്ഷെ മാനസികമായ ദുഃഖങ്ങളൊന്നും വലുതായിട്ടില്ല എങ്കിൽ അവിടെ ആത്മീയത കൊണ്ട് പ്രയോജനമൊന്നുമില്ല അതുകൊണ്ടാണ് വലിയ സംബന്ധന്മാർ എല്ലാ ആത്മീയ രീതിയിലും തിരിയുന്നില്ല കുറച്ച് പേരൊക്കെ തിരിയാത്തതാര് ദുഃഖമില്ലാത്തവരുണ്ട് ഭൗതിക നിമിത്തമൊന്നും ഓർക്കില്ല എന്നാൽ ചിലരൊക്കെ എന്തുകൊണ്ട് ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അകാരണമായ ദുഃഖം പിന്നെ കഷ്ടപ്പെടുന്ന മനുഷ്യൻ ഒരുപാട് അവർക്കും ദുഃഖമുണ്ടാവും ഭൗതികമായ ദുഃഖങ്ങളും മാനസികമായ ദുഃഖങ്ങളും ഉണ്ടാവും അവരൊരിക്കലും ഇവിടെ പറയുന്നത് രാമനെപ്പോലെ ുഃഖ പരിഹാരത്തിന് ശ്രമിക്കില്ല അവര് ദുഃഖത്തിന് ഒരു പരിഹാരത്തിന് ശ്രമിച്ചാൽ തന്നെ ഇതുപോലെയുള്ള ആത്മീയമാർഗം ആർത്ഥന്മാർ രീതിയിൽ പറയുന്ന ആർത്തന്മാരെന്ന് പറഞ്ഞു അവര് വിചാരങ്ങളൊരു ദുഃഖം നിർത്തി ശ്രമിക്കില്ല അവരി ആത്മീയ മാർഗം സ്വീകരിച്ചാൽ വിശ്വാസം കൊണ്ട് ദുഃഖം നിവർത്തിക്കുകയും ശരി കേവല വിശ്വാസം അപ്പം അവരും ഇങ്ങോട്ട് വരത്തില്ല വിചാരത്തിന്റെ വഴിയിലേക്ക് വരത്തില്ല വിശ്വാസം നമ്മുടെ രീതി അനുസരിച്ച് അവർ അമ്പലത്തിൽ പോകുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പൂജ നടക്കുന്നു അതൊക്കെ അവരുടെ ദുഃഖ പ്രസരങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു വിശ്വസിക്കുന്നു കുറെ ദുഃഖങ്ങളൊക്കെ പരിഹരിക്കുന്നു കുറെ പരിഹരിക്കുന്നില്ല അവരൊരിക്കലും വിചാരത്തിന്റെ വഴിയിൽ തിരികില്ല ഇവിടെ പറയുന്ന ഇതില് ആവർത്തിച്ച് പറയുന്നത് വിജ്ഞാനത്തിന്റെ വിചാരത്തിന്റെ യുക്തിയുടെ ഒക്കെ വഴിയാണ് ഇതൊരു ഇടത്തരക്കാർക്കുള്ളതാണ് എല്ലാവർക്കും പറ്റിയ കാര്യ ആധ്യാത്മികം തന്നെ ചിന്താ വിചാരം ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അതൊരിടത്തരം ആൾക്കാർക്കേ പറ്റും ഏറ്റവും താഴ്ന്ന പണിയിലും ഏറ്റവും ഉയർന്ന പണിയിലും ഇത് പ്രവർത്തിക്കത്തില്ല എന്നുവെച്ചാൽ താഴ്ന്നപടി എന്ന് പറയുന്നത് ഈ പറയുന്ന ദുഃഖം ഇതിന്റെ ഭീകരതയിൽ മറ്റുള്ളവർക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ താത്കാലികമായിട്ടും അതിൻ്റെ പരിഹാരം കണ്ടെത്തുന്ന അത്രയേ ഉള്ളൂ ഈ പറയുന്ന ആത്മീയ വിചാരം എൻ്റെ വെച്ച് അങ്ങോട്ടവര് ഇടത്തരം വഴിയിലെ ഒരു മധ്യമ മാർഗത്തിൽ ുഷ്യും ഇതൊന്നും സ്പർശിക്കട്ടെ അതുകൊണ്ടാണ് ഇവിടുത്തെ ആ പശ്ചാത്തലം രാമനെ കൂടെ അവതരിപ്പിക്കുകയും കഴിഞ്ഞു എല്ലാ സ്വസമ്പത്തും ഉണ്ടായിട്ട് മാനസികമായ ദുഃഖം എനിക്കും പരിഹാരങ്ങളാണ് അങ്ങനെയുള്ളവരിലേക്ക് പ്രവർത്തിക്കും ദുഃഖം എന്ന് പറയുന്നത് മാനസികമാണ് എല്ലാ പരിഹാര മാർഗങ്ങളും അത് അദ്വൈതമായാലും അദ്വീതമായാലും ഏത് തരത്തിലുള്ള അനുഷ്ഠാന മാർഗങ്ങളായാലും വിചാരമാർഗങ്ങളായാലും എല്ലാം മാനസികമാണ് മനസ്സിലാണ് പ്രശ്നം മനസ്സിലാണ് പരിഹാരം അതിന് ഒരവലംബമായിട്ട് ബാക്കി പലതിനേയും കത്തിക്കുന്നു സ്വർഗ നരകങ്ങള് പുനർജന്മത്തെ പല സ്വരൂപത്തിലുള്ള ആത്മാവിനെ ഒക്കെ കത്തിക്കുന്നു മനുഷ്യ പക്ഷെ പ്രശ്നവും മനുഷ്യന്റെ മനസ്സിൽ തന്നെയാണ് എന്തുകൊണ്ട് മനസ്സന്റെ അനുഭവസിദ്ധമായ ദുഃഖം അനുഭവസിദ്ധമാണ് പരിഹാരമാർഗങ്ങളും അവന്റെ അനുഭവത്തിൽ തന്നെ അതിനുവേണ്ടി നമ്മൾ മനസ്സിനെ മനസ്സിലാകുമോ എന്നു മനസ്സിനെ മനസ്സിലായല്ലെങ്കിൽ ദുഃഖത്തിന് പരിഹാരമാർഗം മനസ്സിൽ തന്നെ കണ്ടെത്തും അതാണ് വിചാരം എന്നുള്ള ദുഃഖചിന്ത നിരമൂഢം തൃണം അഗ്നിശിഖായ അടുത്തത് പ്രാജ്ഞം വിജ്ഞാത വിജ്ഞയം പക്ഷാസി വിജ്ഞാനവിജ്ഞയം പ്രാജ്ഞ അറിയേണ്ടതറിഞ്ഞവനായ പ്രാജ്ഞൻ പ്രാജ്ഞനോട് പറയും വിചാരത്തിലൂടെ ആത്മബോധം വന്നു ദുഃഖം എന്താണ് ദുഃഖത്തിൻ്റെ കാരണം എന്താണ് ദുഃഖത്തിൻ്റെ പരിഹാരം എന്താണ് എന്തെല്ലാം വിചാരത്തിൽ കൂടെ കണ്ടറിഞ്ഞവനാണ് പ്രാജ്ഞ അതാണ് വിജ്ഞാതം പ്രാർത്ഥന സമ്യക് ദർശനം ശരിയായ അറിവോടുകൂടിയും വിവേകത്തോടുകൂടിയും അവന് ആദേഹങ്ങളും ദുഃഖങ്ങളും നഹന്തി ദഹിപ്പിക്കുന്നില്ല ദുഃഖം എന്ന് പറയുമ്പോൾ മാനസികമായ ദുഃഖങ്ങളാണ് ദഹിപ്പിക്കുന്നില്ല പൊതുവെ വിശ്വാസങ്ങളിലൊക്കെ ആത്മീയം ഭൗതികം ആത്മീയം എന്ന് പറയുന്നത് മായ കാര്യങ്ങളാണ് മനസ്സ് മനുഷ്യന്റെ അനുഭവത്തോളം മനസ്സ് മനസ്സിനെ ചുറ്റിപ്പറ്റിയുള്ള ആദ്യം വ്യാധികളെയാണ് ആത്മീയവും ശരീരം ഉൾപ്പെടെയുള്ള ഭാഗ ബാഹ്യമായ എല്ലാത്തിനെയും ഭൗതികമെന്നും പറയും സാങ്കേതികമായി പറഞ്ഞാൽ മനസ്സും ഭൗതികമാണ് പക്ഷേ ആത്മീയശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരു വിഭജനം നടത്തുന്നതന്നെയാണ് മനസ്സ് അതിനോട് ബന്ധപ്പെട്ട എല്ലാ ആന്തരികമായിരിക്കുന്നുണ്ട് ആത്മാവിനോട് ചോദിച്ചിരിക്കുന്നുണ്ട് ആത്മീയവും ആക്കിയെല്ലാം ഭൗതിക ദുഃഖത്തിന് ഭൗതികമായ നിമിത്തങ്ങൾ ഉണ്ടാവാണ്ടാവാതിരിക്കാം അതിന് വേണമെന്നില്ല ആത്മീയ ദുഃഖം എന്ന് പറയുന്നു മനസ്സിൻ്റെ ദുഃഖം അത് പ്രധാനമായിട്ടും മനസ്സിലേ ഉള്ളൂ ദുഃഖം നിമിത്തങ്ങളാണ് ഭൗതികമായ ഒരു ദുഃഖം മനസ്സിലേ ഉള്ളു ശരീരത്തിന് ദുഃഖമുണ്ട് ജടമാണ് മനസ്സാണ് ചൈതന്യം അതായത് ശരീരത്തിൽ നല്ല മനസ്സിനാണ് ദുഃഖം അപ്പോൾ മനസ്സിനാണ് ദുഃഖമെങ്കിലും പരിഹാരവും മനസ്സിൽ തന്നെ ഉണ്ടാവും വിജ്ഞാത വിജ്ഞേയം ദുഃഖത്തിന് എന്താണ് പരിഹാരം എന്ന് കണ്ടറിഞ്ഞവൻ അതെവിടെ പറയുന്ന വിവേകമാണ് പഴയകാലത്ത് മനുഷ്യൻ കണ്ടെത്തിയ വിദ്യയാണ് മാനസികമായ ദുഃഖങ്ങളെല്ലാം മാനസികമായ അറിവുകൊണ്ട് കീഴ്പ്പെടുത്തുക ഇല്ലാതാക്കുക ഭൗതികമായ നിമിത്തങ്ങൾ കൊണ്ട് ദുഃഖമുണ്ടാവാം കൂടാതെ എന്താണ് മാനസികമായ ചിന്തകൾ കൊണ്ട് ദുഃഖമുണ്ടാവാം അതിനെ കുറിച്ചാണ് എനിക്ക് പറയുന്നത് അപ്പോൾ ശരിയായി എന്തായത് കൊണ്ടും ആ ദുഃഖങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു അവനെ ദഹിപ്പിക്കുന്നില്ല എന്ന് വെച്ചാൽ ദുഃഖം അവനും ബാധിക്കുന്നില്ല ഒരു ദഹനം പറയുന്നു വർഷാസിക്തം അഗ്നിസിക്തായും ദഹന്തി മഴ പെയ്തം വനത്തെ അഗ്നി സേഹിച്ച് ദഹിപ്പിക്കാൻ പറ്റുന്നില്ല നനഞ്ഞു ണങ്ങിയാലേ അതിനെ ദഹിപ്പിക്കാൻ വേനക്കാലത്താണ് വനത്തിനെത്തി കുടിക്കുക അതുപോലെയാണ് നമ്മുടെ മനസ്സ് വിവേകം കൊണ്ട് തണുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ദുഃഖമില്ല ഇതൊക്കെ മനുഷ്യരുടെ ജീവിതത്തിൽ പ്രായീണികമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്ന വിവേകം ദുഃഖം ഇന്ന് ഇവിടുത്തേക്കുള്ള ഉപായങ്ങളാണ് അതിനുവേണ്ടി മനസ്സിനെ കുറിച്ചുള്ള ധാരണകൾ ശരിയായിക്കോളമെന്നൊന്നുമില്ല മനസ്സിനെ ശരിയായി മനസ്സിലാക്കണമെന്നില്ല മനസ്സിലായില്ലെങ്കിൽ ശരി കാരണം മനസ്സെന്ന് പോലെ ഇതെന്താണ് നമ്മുടെ അനുഭവത്തിലുള്ള ഒരു കാര്യമാണ് മനസ്സിനെ നമ്മളറിയും എന്താണോ നമ്മുടെ അറിവായിരിക്കുന്നത് അതാണ് മനസ്സ് ആ മനസ്സിലായ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ദുഃഖമാണ് ഏതെങ്കിലും പ്രശ്നങ്ങളാണ് അതിനുള്ള പരിഹാരം മാറുന്നു അതിനുള്ള വിവേകമൊന്നും പറയും അതുപയോഗിച്ചു കഴിഞ്ഞാൽ ആ ദുഃഖങ്ങളൊന്നും ബാധിക്കത്തില്ല ഇനി ഭൗതികമായ നിമിത്തങ്ങൾ കൊണ്ടാണ് ദുഃഖം ഉണ്ടാകുന്നതെങ്കിൽ അതിന് പരിഹാരം വേറെ കണ്ടപ്പോ അതിന് പരിഹാരം മാനസികമായി മാത്രം സാധിക്കും ആദി വ്യാധി പരാവരെ സംസാരവരുമാനത്തെ തത്വരോഭത്തിലേക്ക് തത്വപൃക്ഷം ആദി വ്യാധികൾ കൊണ്ട് ആദിവ്യാധികളാകുന്ന ചുഴലികൾ ആ ചുഴലികളോടില്ല സംസാരതേ സംസാരമാകുന്ന മരുഭൂമിയിലെ കാറ്റ് മരിക്കറ്റ് മരുഭൂമിയിലെ കാറ്റി തന്നെ വളരെ ചൂടുള്ളത് അത് കടുത്ത ചുഴലികളോടുകൂടി ചുറ്റിത്തിരിയുന്ന ആണെങ്കിൽ വളരെയധികം മനുഷ്യനെ വേദി ആന്തരികമായ ദുഃഖങ്ങളെ കുറിച്ച് പറയും അത് ഉള്ളിനെ ഇളക്കിയാലും കാറ്റ് ഒരാളുടെ ഉള്ളിലേക്ക് വേശിയാലും ദുഃഖം പ്രാപ്തമായാലും എന്നുള്ളതാണ് ദുഃഖം ഇല്ലാതെ ഇരിക്കുമ്പോ ഒരാൾ ശാന്തമായിരിക്കുക എന്ന് പറയുന്നത് അർത്ഥമില്ല ദുഃഖമില്ലാതിരുന്ന ആളുടെ മനസ്സിൽ ശാന്തമായിരിക്കും അവനെ പ്രത്യേകിച്ച് ശാന്തിക്കും തത്വജ്ഞാനം വേണമെന്ന് ബാഹ്യമായ ദുഃഖത്തിൻ്റെ നിമിത്തങ്ങളെല്ലാം ആന്തരികമായ ആരോഗ്യമാണെന്നും മനസ്സ് ശാന്തമായി പക്ഷേ ഇതങ്ങനെയല്ല മനസ്സിന് ആന്തരികമായി ദുഃഖങ്ങൾ പിടിച്ചു കൊലുക്കുമ്പോഴും അതിൻ്റെ നിമിത്തങ്ങളും അതിൻ്റെ സാഹചര്യങ്ങളുമെല്ലാം ഉണ്ടായാലും തത്വജ്ഞത്തെ അറിയുന്നവർ എന്ത് ചെയ്യുന്നു കൽപ്പവൃക്ഷേ എത്ര വലിയ കൊടുങ്കാറ്റടിച്ചു കഴിഞ്ഞാൽ കൽപ്പവൃക്ഷങ്ങൾ കടപുഴയി പോട്ട് ഒടിഞ്ഞു പോട്ട് കാറ്റുകൾ കാറ്റിനെയൊക്കെ അതിജീവിച്ച് പിടിച്ചിരിക്കുന്ന കൽപ്പവൃക്ഷവും ഇതൊരു സങ്കല്പവൃക്ഷമാണ് കൽപ്പവൃക്ഷം നല്ല ഉറപ്പുള്ള വൃക്ഷങ്ങളാണ് അപ്പം ജ്ഞാനികൾ കൽപ്പവൃക്ഷങ്ങളെപ്പോലെ അവിടെ ഉള്ളിൽ ആ ജ്ഞാനത്തിൻ്റെ ദുരിതമുണ്ട് എന്തെല്ലാം മാന്തരികമായി അവരെ ബാധിക്കാൻ ശ്രമിച്ചാൽ അവരെ ഇളകത്തില്ല എന്ന് ജ്ഞാനത്വത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ മഹത്വത്തെ പ്രവർത്തിക്കുകയാണ് അത്രയും ശ്രേഷ്ഠമാണ് അപ്പൊ മാനസികമായ ദുഃഖങ്ങളെ സംബന്ധിച്ച് അത് ശരിയാണ് പക്ഷേ എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുഃഖങ്ങളിലും ഇത് പ്രായോഗികമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായോഗികമാകത്തി മാനസികമായ ദുഃഖങ്ങൾക്ക് മനസ്സ് മാത്രമാണ് ഉത്തരവാദിത് മനസ്സിൽ വിവേകം മനസ്സ് മാത്രമാണ് ഉത്തരവാദിത് അപ്പോൾ ആ ദുഃഖത്തെ പരിഹരിക്കുക പക്ഷെ ദുഃഖത്തിന് ബാഹ്യമായ നിമിത്തങ്ങളുണ്ടെങ്കിലും രോഗം പോലെയുള്ളത് ഇതുണ്ടെങ്കിൽ അതിനെയെല്ലാം മനസ്സുകൊണ്ട് പരിഹരിക്കുക എന്ന് ഒരു പരിധിവരെ അത് സാധിക്കും മനുഷ്യന്റെ പ്രായോഗികാനുഭവത്തിൽ ഒരു പരിധിക്കപ്പഴവം സാധിക്കും ഇവിടെ പറയുന്ന കേവലമായ മാനസികം ആധി എന്ന് പറയണം പിന്നെ ഇതിങ്ങനെ മൊത്തത്തിൽ പറയുന്ന ഒരു അർത്ഥവാദമായി പറയണം ഒരു സൂചി ഉണ്ട് നമ്മുടെ ശരീരത്തിൽ കുത്തി കഴിഞ്ഞാൽ കുത്തിക്കൊരു വേദനയില്ല അത് സൂചിയുടെ വലിപ്പം കൂടുന്ന അനുസരിച്ച് വേദന കൂടിക്കൂടി മനസ്സുകൊണ്ട് ആ ദുഃഖത്തെ ഇല്ലാതാക്കാറുണ്ട് അത്ര എളുപ്പം നടക്കുന്ന കാര്യം പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെന്ന മാനസികമായ ദുഃഖങ്ങൾ ഒരുപാട് മാനസികമായ ദുഃഖങ്ങൾ നേടുന്നുണ്ട് ആ മാനസികമായ ദുഃഖങ്ങളിൽ ഇതൊക്കെ ശരിയാണ് തത്വജ്ഞാനം അതോ യജ്ഞീമാനുഹീമത പ്രാമാണിക പ്രബുദ്ധാത്മാഷ്ടവ്യ പ്രണയാനിത്തം അതുകൊണ്ടെന്നാണ് ഈ ദുഃഖ നിവൃത്തിക്കുള്ള അറിവ് അത് നിങ്ങളുടെ തത്വജ്ഞാനം എന്ന് പറയുന്നത് തത്വജ്ഞാനം ഇപ്പോൾ തത്വമായിട്ട് വാസ്തുത്തിൽ നിരന്തരം പറയുന്ന സിക് അറിവിനെയാണ് തത്വമായിട്ട് അറിവിനെക്കുറിച്ചുള്ള ബോധം കൂടുതൽ അത് വിശരിക്കും ആണ് തത്വജ്ഞാനം അതിനുവേണ്ടി ആ തത്വത്തെ അറിയുകയും വിത്നാ ധീമാൻ പ്രണിത പ്രബുദ്ധാത്മാണയാൻ പൃഷ്ടീമാൻ പ്രമാണിതം പ്രബുദ്ധാത്മാ പ്രണയാന്മിതം പൃഷ്ട അപ്പോ ഉപദേശിക്കുന്ന ആളെ വിശേഷിപ്പിക്കുകയാണ് വിമാനായ പ്രാമാണികനായ പ്രബുദ്ധതയുള്ളവനായ അയാളാണ് പൃഷ്ഠവ്യം ചോദ്യം കേൾക്കുന്ന ആണ് എന്ന് പറയുന്നത് ചോദ്യം കേൾക്കുന്നയാളാണ് ചോദിക്കുന്ന എങ്ങനെ ചോദിക്കണം ീമത ബുദ്ധിയുള്ളവരങ്ങളൊക്കണം പ്രണയാനീത്വം പ്രണയം എന്നിട്ടതിന് വിനയത്തോടു കൂടി ചോദിച്ചു എന്തിനുവേണ്ടി അദ്ദേഹ തത്വം ഞാൻ തത്വം അറിയുകയാണ് എങ്ങനെ യത്ന പരിശ്രമിച്ച് പരിശ്രമിച്ചു എന്ന് ഒരാളിനെ പരിശ്രമിച്ചു കണ്ട് ഈ മാനസികമായ ഉറക്കങ്ങളെല്ലാം പരിഹരിക്കുന്നു എന്താണ് ഉപായം എന്നിങ്ങനെ ചോദിക്കണം ചോദിക്കുന്നവന് പറഞ്ഞുകൊടുക്കാൻ വഴിയുള്ളവനായിരിക്കണം അതുപോലെ തന്നെ ഇത്രയും വിശേഷങ്ങൾ പറഞ്ഞു അയാൾ ധീമാൻ ബുദ്ധിമാനായിരിക്കണം പ്രാമാണികം ആയിരിക്കണം പ്രമാണബോധ്യം ഉള്ളവനായിരിക്കണം ഈ അറിവിന്റെ പ്രബുദ്ധതയുള്ളവനായിരിക്കും സ്വയം ആദ്യം വ്യാധികളിൽപ്പെടാത്തവനായിരിക്കും അങ്ങനെയാണ് ദുഃഖം മാനസികമായ ദുഃഖങ്ങളെ പരിഹരിക്കേണ്ടത് എന്ന് പറഞ്ഞു ഇനി ചോദ്യം ചോദിക്കുന്ന ആളിനെ കുറിച്ച് ഉത്തരം പറയുന്ന കുറിച്ചാണ് ഇനി പറയുന്ന ഭാവങ്ങൾ മുൻപോട് ആ ഗീതയിൽ പറയുന്ന ആശയം തന്നെയാ പറയും ഗീതയിൽ ഗീതകൾ തന്നെ പറയും ഇവിടെ യോഗം കൂടുതലായിട്ട് ചേർക്കും എന്നുള്ളത് ഗീതയിൽ കഥകളില്ല കുറെ കഥകൾ കൊടുത്തു ബാക്കിയെല്ലാം ഗീതയിലെ ഉപദേശം തന്നെയാണ് ഇവിടെ മാനസികമായ ദുഃഖങ്ങളെ മനസ്സുകൊണ്ട് തരിണികസ് ഉത്തമചേതസ് യജ്ഞനോ ജനം ഗ്രാഹ്യം ഐശ്വര കുങ്കുമ്പോൾ ചോദിച്ചാൽ മാത്രം പോരാ പറയുന്നതിനും ഉൾക്കൊള്ളേയില്ല ആണ് പറയുന്നത് പ്രാമാണികൾ ഉത്തമചെയസ് ഉത്തമമായ മനസ്സിലുള്ളവൻ എനിക്ക് ആ വ്യാധി ഇല്ലാത്തവൻ പ്രാമാണികൻ ആരാടോ ചോദിച്ചത് ആ വ്യക്തികൾ അയാളാണ് ഭർത്താവ് പറയുന്നയാള് അയാളുടെ വചനം യജ്ഞേന കിട്ടും ചോദിക്കുന്നതും പരിശ്രമിച്ച് കണ്ടെത്തി ചോദിക്കണം യുക്തമായി ചോദിക്കണം യുക്തിയുക്തം ഉപാധിയും അതുപോലെ തന്നെ ഗ്രഹിക്കുകയും വേണം അംശുകേന കുങ്കുമ്മം ഈ ഭാഗം നല്ല പട്ടുവസ്ത്രത്തെ കുങ്കുമം നിറം കലക്കി അതിലേക്ക് മുക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ പട്ടുവസ്ത്രം ചുവപ്പായി മാറും മുഴുവൻ അത് വസ്ത്രം കളർ മുക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു ഉപദേശിക്കുന്ന മുഴുവൻ ഉപദേശവും പിടിച്ചെടുക്കണം എന്നാണ് ഉദാഹരണം പറയുന്നത് ഇനി പലടക്കും ഉദാഹരണം പറയും ഉപദേശത്തെ അങ്ങനെ ഗ്രഹിക്കുന്നു വെളുത്തപ്പെട്ട ചുവപ്പായു മാറുന്നവൻ അവന്റെ മനസ്സ് അത്രയും വ്യക്തമായി ഈ ആശയത്തെ ഗ്രഹിക്കണം ഗ്രഹിച്ചാൽ അവന് മാനസികമായി ദുഃഖ ാധിക്കത്തില്ല ആദി വ്യാധികളും അങ്ങനെയാണ് അവസാനം ഇവിടെ ഇവിടുത്തെ കഥാപാത്രത്തെ അവസാനം അവതരിപ്പിക്കുന്നു എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തനായ അതിൽ ഈ കാര്യം പ്രധാനമായും പറയുന്നുണ്ട് എന്താണ് ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരുന്നാലും മനുഷ്യന് ദുഃഖം വരും ആ ദുഃഖം പരിഹരിക്കുന്നതിന് ഇതേയോട് പോയി വിവേകം മാത്രമേ ഉള്ളുപോയി ഭൗതികമായി കൊണ്ട് പരിഹരിക്കാൻ അതാണ് ഇവിടെ കൊടുക്കുന്ന ഒരു പ്രധാനമായ പാഠം പിന്നെ ഇവിടെ ഈ ഈ ഉത്തരം പറയുന്ന ആവേശം ഇവിടെ പറയുകയാണ് എന്താണ് രണ്ടുപേരെയും കുറിച്ചോടെ പറഞ്ഞു അതത്വച്ചും അനദേവചനം വാഗ്വിദാംബരം യപ്പം തസ്മ നാസ്തി മൂഢധരോ അഗ്രഹം തന്റെ ദുഃഖത്തെ നിവർത്തിക്കുന്നതിന് വേണ്ടി ആ ദുഃഖം നിവർത്തിക്കുള്ള ഉപായത്തെ കുറിച്ച് ബോധമുള്ളതിനോട് ചോദിച്ചിട്ട് കാര്യമാണ് സ്വയം അമി ദുഃഖത്തിൽ മുഴുകി കിടക്കുകയാണെങ്കിലോ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല ആ തത്വജ്ഞം വചനം നരങ്ങൾ യഹ പരിസ്ഥതി തറിയാത്തത് അതുകൊണ്ട് തന്നെ അനാഥേയവര പറയുന്ന കേട്ട് കാര്യം അങ്ങനെയുള്ളവരവിനോട് വര രാമനെ അഭിസംബോധനയാണ് വാക്കിനെ അറിയുന്നവരുടെ വിശേഷനായ രാമ അവനോട് ഈ പ്രശസ്തി നരം അങ്ങനെയുള്ളവരോട് ആരാളോ ചോദിക്കുന്നത് മൂഢനില്ല പ്രശ്നം എന്താണെന്നും അതിന് പരിഹാരം എന്താണെന്നും ബോധ്യമുള്ളവരാളോ മാനസികമായ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം അതിലൂടെ തത്വജ്ഞാനം എന്നാ പറയും പരമാർത്ഥ ജ്ഞാനം എന്നാ പറയും ആ പരമാർത്ഥ ജ്ഞാനത്തെക്കുറിച്ച് അറിയാവുന്നവനോട് ചോദിക്കുക ആ ജ്ഞാനം അറിയാത്തവനോട് ചോദിച്ചാൽ അവൻ മൂഢന ഇവിടെ പറയുന്നത് ശരിക്കും ഈ ദുഃഖത്തിന്റെ മാനസിക ദുഃഖങ്ങളെല്ലാം ഇവിടെ ചെന്ന് നേരിട്ടൊരു ഉപായം തത്വവിജ്ഞാനം അല്ലാതെ ഒന്നുമില്ല എന്നുള്ളതാണ് അതെല്ലാം വേറൊരു ഉപായുണ്ട് കാരണം ഈ മാനസികമായ ദുഃഖങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യൻ ചിന്തിച്ചുണ്ടാക്കുന്ന ദുഃഖങ്ങളുണ്ട് ഇവിടെ തത്വജ്ഞാനം തന്നെ വേണം നിർബന്ധമായി പറഞ്ഞ പഴയകാലത്തെ മനുഷ്യന്റെ അറിവിച്ചുകൊണ്ടാണ് മനുഷ്യൻ പഴയകാലത്ത് ഈ ജീവിതത്തിൽ അവന്റെ ഈ പ്രശ്നങ്ങൾ മാത്രമാണ് അവനെ വളരെയധികം ആകുലപ്പെടുത്തിയിരുന്നതാണ് പഴയകാല മനുഷ്യൻ എന്താണ് പുണ്യപാപചിന്ത ഇന്നുകൊണ്ട് മനുഷ്യർ ത തന്നെ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് പുണ്യങ്ങൾ അധികം ഇല്ല പാപം അറിഞ്ഞു ചെയ്യുന്ന പാപമോ അറിയാതെ ഒരുപാട് പാപം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മനുഷ്യനെ വളരെയധികം അലട്ടുന്ന ഒന്നാണ് പാപബോധം അതുകൊണ്ട് തന്നെ എല്ലാ മതചിന്തകളിലും ഈ പാപബോധം ചർച്ച ചെയ്യും എല്ലാ മതചിന്തകളും ഇവിടെയുണ്ട് മനുഷ്യന് ഈ പ്രാചീന മനുഷ്യരെ ഒരുപാട് അലട്ടിയിട്ടുണ്ട് അതാണ് അവർ പരിഹാരമായിട്ട് സ്വർഗ്ഗ നരകങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ചിന്തിച്ചുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ പാപബോധമാണ് സാധാരണ മനുഷ്യൻ ലഭിക്കുന്ന കുറ്റബോധം ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തവനാണ് ആ കുറ്റം അവനെ നിരന്തരം മേട്ടയാടിക്കൊണ്ടേയില്ല അതിൽ നിന്ന് മോചനം നൽകാതിരിക്കുക അത് ഉറക്കത്തെ നഷ്ടപ്പെടുത്തുക സ്വസ്ഥത നഷ്ടപ്പെടുത്തുക മാനസികമായ സംഘർഷങ്ങളുണ്ടാക്കുക പിന്നെ അത് ചെയ്ത കാര്യം മാത്രമല്ല ചിന്തിച്ചല്ലേ ഇതുണ്ടാക്കുക ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ തന്നെ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും പിശവ് സംഭവിക്കുന്നുണ്ടോ പാപത്തിന് കാരണമായ എന്തെങ്കിലും എന്റെ പ്രവൃത്തിയിൽ കുറ്റങ്ങൾ സംഭവിക്കുന്നു ഇനി ഭാവിയിൽ അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യേണ്ടി വരുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് സ്വയം പാപിയായി മറ്റൊരു പാപബോധം ആ പാവബോധം സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലും അപ്പോ പാപപരിഹാരത്തിനായി എന്താ ചെയ്യേണ്ടത് മനുഷ്യൻ ഈ പാപബോധം കൊണ്ടാണ് ആഘോഷങ്ങളൊക്കെ ഉത്സവം ആഘോഷം ഉത്സവം ഈ ഉത്സവത്തിന്റെ അടിസ്ഥാന തത്വം എന്താണ് അവിടെ ചെന്ന് കുളിച്ചു കഴിഞ്ഞാൽ പാപം നശിക്കുന്നതാണ് അപ്പൊ പാപബോധമുള്ള മനുഷ്യനാണ് അവിടെ പോകുന്നതിൽ കുളിക്കാൻ പോകുന്നത് അപ്പൊ പാപബോധമില്ലെങ്കിൽ പിന്നെ അവിടെ പോയി കുളിച്ച് പാപം കളയേണ്ട ആവശ്യമില്ല ഉണ്ടാകും ഒരുവന്റെ മനസ്സിൽ പാപബോധം ഞാൻ പാപിയാണ് ഞാൻ പാപം ചെയ്തത് പാപബലം എന്നുള്ള ചിന്തയുള്ളപ്പോഴാണ് അത് മനുഷ്യർക്കെല്ലാം കാണുന്നത് കാരണം എല്ലാ മനുഷ്യനും എന്ത് ചെയ്യും നിങ്ങൾ പ്രവർത്തിക്കും അപ്പൊ അവന്റെ ഉള്ളിൽ പാപബോധം ആ പാപബോധം അവനെന്തെയ്യും പാവമോചനത്തിന് വേണ്ടി അവൻ്റെ ഒരു വിശ്വാസമാണ് പോയി കുളിക്കും അവിടെ പോയി കുളിച്ചു കഴിഞ്ഞാൽ പാപമല്ല നശിച്ചതെന്ന് വിചാരിക്കും പക്ഷെ അതിൽ വരുന്ന പ്രശ്നം എന്താണോ കുളിച്ച് കരയ്ക്ക് വരുമ്പോൾ പാപമല്ല നശിച്ചെന്ന് വിചാരിക്കുന്നു വീണ്ടും കുറച്ച് കഴിയുമ്പോൾ എന്തു ചെയ്യും പിന്നെ അടുത്തപ്പൊഴാ കുളിക്കില്ലെന്ന് അവൻ അന്വേഷിച്ചു വീണ്ടും പാവം പോകുന്നവൻ്റെ മനസ്സിലും ഇത് കുളിച്ചാൽ തീരുന്നതല്ല പാവം പോകും ഒരു കുളിയു കൊണ്ട് പാവബോധത്തെ ആർക്കും മാറ്റാൻ പറ്റില്ല താത്കാലികമായി മാറും ഒരാശ്വാസം വീണ്ടും പാപ് പ്രവർത്തി വീണ്ടും പാവബോധം ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കുളി ആസൂത്രണം ചെയ്യും ഇടയ്ക്കിടയ്ക്ക് കുളിക്കേണ്ടി വരും തീർത്ഥാസ്നാനം തീർത്ഥാടനങ്ങളെല്ലാം അടിസ്ഥാനം മനുഷ്യന്റെ പാപബോധത്തിന് പരിഹാരം അപ്പൊ ഇത് പാപബോധത്തിന് ശരിയായ പരിഹാരം ആവും ഇല്ലല്ലോ പക്ഷെ ഇത് മനുഷ്യന് രൂഢമൂലമായ ഒരു കാര്യമാണ് മനുഷ്യൻ ബോധപൂർവമോ അല്ലെങ്കിൽ അബോധപൂർവമോ തെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവന് തെറ്റുകൾ ചെയ്യേണ്ടി വരുന്നു പാപപ്രവൃത്തികൾ അവൻ ചെയ്യേണ്ടി വരുന്നു വന്നുകഴിഞ്ഞാൽ ആ പാപബോധം അവനെപ്പോഴും വേട്ടയാണ് അപ്പൊ അതിന് മുന്നെന്താ പരിഹാരം അതിന് പരിഹാരം അവിടെയാണ് പുരോഹിതൻ രംഗത്ത് വരുന്നത് പുരോഹിതം പറയുന്നു നിങ്ങളുടെ പാവബോധത്തിന് പരിഹാരം എൻ്റെ കയ്യിലുണ്ട് പവൻ നിർദ്ദേശിക്കുന്ന ശാന്തി കർമ്മങ്ങളാണ് ഇതൊക്കെ അവിടെ പോയി മുങ്ങുക ഗംഗയിൽ മുങ്ങുക അവിടെ ഇതല്ല അപ്പൊ ഇത് പരിഹാരമാകും പരിഹാരം ആകുമ്പോൾ ഒരു തവണ മുങ്ങിയാൽ എല്ലാ പിന്നെ ഈ പാപബോധം ഇവിടെ തീരുന്നില്ല ഇവൻ ഇപ്പൊ ചെയ്ത ഈ ജന്മത്തിൽ ചെയ്ത പാപങ്ങളും അവന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും എല്ലാം അവൻ കാരണമായി കരുതുന്നതാണ് പൂർവ്വജന്മങ്ങളിൽ ചെയ്ത പാപം അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ കഷ്ടപ്പാട് ഈ ആൾക്കൂട്ടം ഈ തീർത്ഥ കേന്ദ്രങ്ങളിലെ ആൾക്കൂട്ടം എന്താണ് ഭാഗ്യ അന്വേഷികളായ മനുഷ്യരാണ് അവർക്ക് ഈ ജീവിതത്തില് കൂടുതൽ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഭാഗ്യമൊന്നും ഇതുവരെയും കൈവന്നിട്ടില്ല എന്തുകൊണ്ട് ഭാഗ്യം വരുന്നില്ല അവർ വിചാരിക്കുന്ന പൂർവപാപം കൊണ്ടാണ് ദുരിതങ്ങൾ രോഗങ്ങൾ കഷ്ടപ്പാട് ഇതന്നെ ഒറ്റയടിയുടെ പരിഹാരം എന്താണ് ഇങ്ങനെയുള്ള തീർത്ഥസ്ഥാനങ്ങളിൽ പോയി സ്നാനം ചെയ്യും അപ്പോൾ പാപ വരാൻ പ്രശ്നം ഈ തീർത്ഥസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ അതിന് കാത്തിരിക്കുന്ന ഒരാളുണ്ട് അവിടെ ഇതിൽ ലാഭം ഉണ്ടാകുന്നവരാണോ വലിയൊരു ലാഭമുണ്ടാകുന്ന പുരോഹിതന്മാരാണ് അവരാണ് പ്രധാന ലാഭ ഇച്ഛുക്കൾ അവർക്ക് തന്നെ ലാഭം നേടുന്നു ഉണ്ടാകുന്നവർക്ക് അവിടെയാണ് ഇതിന്റെ പരിഹാരം തെളിവുകളെല്ലാം നടക്കുന്നത് അത്തരത്തിലുള്ള വിശ്വാസം പാപബോധം അവര് കേവല വിശ്വാസം മാത്രമാണ് എല്ലാ പാപീതന്നും അവൻ അറിയത്തില്ല ഇവനും ഒരു കാര്യം പാപ കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ പാപ എങ്ങനെ അവനെ പിന്തുടരുന്നു അതവൻ വിചാരിക്കുന്ന തരത്തിലല്ല അത് കേവലം മാനസികമായിട്ടാണ് പാപ കൃത്യം ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന് കുറ്റ പോറും കുറ്റം പോകുന്നു പാപ പോരും കേവലം മാനസികമാണ് അതിനപ്പുറം ഒന്നുകിൽ അത് ചെയ്യാതിരിക്കുക പക്ഷെ ചെയ്ത് കഴിഞ്ഞവരുന്നെന്ത് ചെയ്യാം അതുപോലെ അവൻ പൂർവ്വജന്മത്തിൽ ഇപ്പോൾ ആരോപിക്കും ഈ ജന്മത്തിൻ്റെ കഷ്ടപ്പാടങ്ങളെല്ലാം കാരണം പൂർവ്വജന്മത്തെ ചെയ്ത പാപമാണ് ഇതിനൊക്കെ എന്താ പരിഹാരം ഇതിനൊക്കെ പഴയ കാലത്ത് കണ്ടിട്ടുള്ള പരിഹാരമാണ് പുരോഹിതന്റെ പരിഹാരം തീർത്ഥസ്നാൻ അതിനുവേണ്ടി ഒരു കഥകളും ഒക്കെ ഉണ്ടാക്കും കഥകൾ പറഞ്ഞവരെ വിശ്വസിച്ചിരിക്കും ഇപ്പം മൂഢനായ മനുഷ്യൻ്റെ ഇതിലൊക്കെ വിവേകമില്ലാത്ത മനുഷ്യൻ വിശ്വസിക്കും എന്നിട്ടവൻ ഇതിൽ ആശ്വാസം കിട്ടാൻ ശ്രമിച്ചു താൽക്കാലികമായ ആശ്വാസമുണ്ടാകും വിശ്വാസം എന്ന് പറയുന്നത് കൊണ്ട് അവന് താൽക്കാലിക ആശ്വാസം വീണ്ടും അവൻ വീണ്ടും വീണ്ടും മരണം വരെ ആവർത്തിക്കുക ഇവിടെ അതിന് പരിഹാരമായി ഇവിടെ നിർദ്ദേശിക്കുന്നതാണ് വിവേകം ഒന്ന് ഈ പാവബോധം മറ്റൊന്ന് തന്നെ വേട്ടയാടുന്ന മറ്റൊരു സംഭവങ്ങളും പഴയകാലത്തെ രീതി അനുസരിച്ച് ഈ പാപബോധം പാപമുള്ളതുകൊണ്ട് ഭാവി ജന്മങ്ങൾ അവൻ ഭയക്കുന്നു ഭാവിയിൽ അവർ പലതരത്തിലുള്ള നീചയോനികൾ നീചയോനിഷുജായതേ എന്ന് പറഞ്ഞിരിക്കുന്നോണ്ടെന്ന് പറഞ്ഞു നീചജന്മങ്ങൾ ഉണ്ടാകുന്നു അപ്പം അതൊഴിവാകും ഈ പാപത്തെ ഇപ്പത്തന്നെ ദൃശ്യം പത്ത് കൃത്യ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്രിയകൾ ആചാരങ്ങൾ പ്രവൃത്തികൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പാപങ്ങളിൽ നിന്നെല്ലാം മോചനം നേടും നേടാം എന്നിവൻ സങ്കല്പിക്കുകയാണ് അപ്പോ ഭാവി ജന്മങ്ങളെ ഒഴിവാക്കാം എന്നുവെച്ചാൽ പുനർജന്മത്തെ ഒഴിവാക്കുക പാപബോധത്തെ ഒഴിവാക്കുക ഇതിനു വേണ്ടിയിട്ടാണ് അവൻ മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള പരിഹാരങ്ങൾ മാർഗങ്ങൾ തേടുന്നത് അങ്ങനെ ഒരു കൂടെ മൊത്തത്തിൽ പറയുന്നതാണ് മൂഢന്മാരെന്ന് പറയുന്നത് നിങ്ങൾ ഈ പാപപരിഹാരം ആരോട് ചോദിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പാപബോധം കുറ്റബോധം ഞാൻ പാപം ചെയ്യുന്നുണ്ട് ഇതിന് എന്താണ് പരിഹാരം എന്ന് ആരോടാണ് നിങ്ങൾ ചോദിക്കുന്നത് പറയുന്നു അത് ചോദിക്കുന്നത് ശരിയായതിന്റെ പരിഹാരം അറിയാവുന്നവരോട് ചോദിക്കാം അല്ലാത്തവർ നമുക്കൊപ്പം ചോദിക്കുന്നു ഈ പാപത്തിന്റെ പരിഹാരം നിങ്ങൾ പുരോഹിതനോടാണ് ചോദിക്കണമെങ്കിൽ അവന് നിങ്ങളെ വട്ടം കിട്ടും അവന് നിങ്ങൾ ഇത്തരം പരിഹാര മാർഗങ്ങളിൽ നിരന്തരം വട്ടം ചിന്തിച്ചോണ്ടേ താൽക്കാലികമായ ഒരു മനസ്സിന് സമാധാനം ഉണ്ടാവും പ്രായച്ചിട്ടം ചെയ്യുന്നു ഇങ്ങനെയുള്ള പ്രതിവിധികൾ ചെയ്യും പാപമോചനം എന്ന് പറയുന്നത് അവന് സ്ഥായിയായൊരു പരിഹാരം അവൻ്റെ മനസ്സിലുണ്ടാവും അപ്പം ഈ എല്ലാ വിശ്വാസ താത്കാലികമായിട്ടുള്ള പാപമോചനമേ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്നു ഇവിടെ പറയുന്ന എന്താണ് ഒരു സ്ഥായിയായ അങ്ങനെ ഒരു പാപബോധം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടായത് പാപബോധം എന്തായാലും രോഗമെന്തായാലും പിടിപെട്ട് കഴിഞ്ഞു രോഗം പിടിപെട്ടു കഴിഞ്ഞാൽ പിന്നെ ചികിത്സിച്ചേ പറ്റും മനുഷ്യന് പിടിപെട്ടിരിക്കുന്ന രോഗം എന്ന് പറയുന്നത് ഈ പാപ അപ്പൊ അതിന് ചികിത്സ വേണം ഏത് ഡോക്ടറെ സമീപിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ പറയുന്ന മാർഗം മറ്റുള്ള എല്ലാ മാർഗങ്ങളും ഇവിടെ നിഷേധിക്കണം ഇവിടെ പറയുന്ന എന്തൊരു പരിഹാരം എന്ന് പറയുന്നത് വിവേകം ഉരറ്റ പരിഹാരമാണ് അവന്റെ പാപബോധമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പോയി ഇതാണ് ആ തത്വജ്ഞൻ അതിന്റെ പരിഹാരം അറിയാത്തവനാണ് ആ തത്വജ്ഞൻ ആത്മബോധമില്ലാത്തവൻ അവനോട് നിങ്ങൾ പോയി പരിഹാരം ചോദിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത് അനാഥയവത്തിനും അവന്റെ വാക്കുകൾ സ്വീകരിക്കും ശരിയായ തത്വജ്ഞനോട് വേണം ഇതൊക്കെ ചോദിക്കും പിന്നെ ഒരു തത്വജ്ഞൻ പറയും ഇപ്പൊ കീമോതെറാപ്പി ആണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീമോതെറാപ്പിക്ക് ശരീരം പറ്റുക അതിനുള്ള ആരോഗ്യമില്ലെങ്കിൽ പിന്നെ ആയുർവേദം ചെയ്യുക അല്ല വേദം ചെയ്യുക അല്ലെങ്കിൽ തത്വജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നതിനുള്ള മനസ്സ് അത്രയൊരു മനസ്സില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഓരോ ചെടം പോയി ചെയ്ത് തൽക്കാലം തൽക്കാലം ഇല്ലെങ്കിൽ ഒരു ശാന്തി കണ്ടെത്തുക ഇതിന്റെ ഹീമോതെറാപ്പിയാണ് ഈ തത്വജ്ഞാണ് അത് വേര് അതിന്റെ വേരിനില്ലാതാക്ക അവന്റെ മൂഢതയുടെ വേരന ഇല്ലാതാക്കും അവന്റെ മാനസികമായ എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം അതുകൊണ്ടാണ് പറയുന്നത് പ്രശ്നമെല്ലാവന്ന് മനുഷ്യന് പക്ഷെ നിങ്ങൾ ആരെ സമീപിക്കുന്നു അതനുസരിച്ചിരിക്കുന്ന പരിഹാരം അതായത് അതിനൊരു പരിഹാരം ശരിയായ അറിവിൽ തന്നെ ഉണ്ടാവണം ശരിയായ അറിവ് എന്നതിനാണ് തത്വജ്ഞാനം അത് ഏതായാലും ശരി തത്വം എന്ന് വെച്ചാൽ യഥാർത്ഥം വാസ്തവം തത്വജ്ഞാനം എന്നുവെച്ചാൽ യഥാർത്ഥമായ വാസ്തവമായ അറിവ് അതാണ് തത്വജ്ഞടെ പറയുന്നത് തത്വജ്ഞാനം ഒരു ആത്മബോധമാണ് അതേപോലെ രസകരകരമായ ഇതൊക്കെ എത്രയോ വർഷം കഴിഞ്ഞ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് ആന്തരികമായി മാനസികമായി പരിഹാരം പരിഹാരം കാണണം എന്ന് പറയുന്നു മറ്റേ ഒന്നും അത്ര ഫലവത്താകത്തല്ലാകുമ്പോൾ മനുഷ്യൻ അതിനുശേഷം എത്രയോ നൂറ്റാണ്ടുകൾ എന്തുമാത്രം അറിവ് നേടി എത്രമാത്രം പുരോഗമിച്ചു ഇന്നും ഇത്തരം പ്രശ്നങ്ങൾ ഈ പറയുന്ന ആന്തരികമായ ആദ്യ വ്യാഖികൾക്കെല്ലാം പരിഹാരമായി നിർദ്ദേശിക്കുന്ന ആത്മബോധം തന്നെയാണ് ഇന്നും പറയുന്നത് പക്ഷെ ആത്മബോധത്തെ പലതരത്തിൽ നിർവചിക്കുമെന്ന് ഇവിടെ അദ്വീതി പറയുന്നത് പോലെയുള്ള ആത്മബോധമായിരിക്കില്ല എന്തായാലും അത് ആത്മബോധമാണ് സ്വബോധം തന്നെ കുറിച്ചുള്ള തിരിച്ചറിവ് അതാണ് പരിഹാരമായി എല്ലായിടത്തും നമുക്ക് പഴയ കാലത്തും അതിനാണ് ശ്രമിച്ചത് തത്വജ്ഞാനം എന്ന് പറഞ്ഞ ആത്മബോധം അല്ലാതെ ബാക്കി കാണിക്കുന്ന അനുഷ്ഠാനങ്ങൾ ആചാരങ്ങളൊന്നും ഇതിനൊരു ശരിയായ പരിഹാരമാകല്ല എന്ന് തന്നെ പിന്നെ ഒരു പ്രശ്നം എന്താണ് പിന്നെയുള്ള ഒരു കുഴപ്പം എന്താണ് പിന്നെ ബഹുജനത്തെ ആകർഷിക്കാൻ പറ്റും കസ്തുവരിക്കാൻ പറ്റും അത്തരം ഒരു പരിഹാരം കുറച്ചുപേർക്ക് സ്വീകരിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ബഹുജനത്തിന് ഈ പരിഹാരം സ്വീകാര്യമല്ല കുറച്ചുപേർക്ക് ഇവിടെ എപ്പോഴും പറയുന്നത് എന്താണ് ഈ മൂഢനായെങ്കിലും അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യം ഒരു പ്രാഥമിക യോഗ്യത ആവശ്യമുള്ള പറയുക നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനുള്ള ഒരു യോഗ്യത അങ്ങനെയുണ്ടെങ്കിൽ പാപപരിഹാരത്തിന് വേണ്ടി സ്നാനം ചെയ്യേണ്ട ആവശ്യമില്ല ജ്ഞാനസ്നാനം വന്നു എന്നാൽ വെള്ളത്തിലിറങ്ങി കുടിച്ച് പാപം പരിഹരിക്കേണ്ട കാര്യം ജ്ഞാനസ്നാനം കൊണ്ട് പരിഗണിക്കും അതാണ് ഇവിടെ പറയുന്നത് പ്രാമാണിക തജ്ഞ വക്തും പൃഷ്ടഥ നാനിയോ വാക്യം നാന്യ തസ്മാരാത് ഇനി ഇത് കേട്ട ഇങ്ങനെയുള്ള ഈ തത്വജ്ഞാനത്തെ കുറിച്ച് പറയുന്നു ദുഃഖത്തിനകത്ത് പരിഹാരമാണെന്ന് പറയുന്നു കേട്ട് കഴിഞ്ഞ ഒരാളെ അനുഷ്ഠിക്കുന്നു അങ്ങനെയല്ല ഞാൻ രണ്ടു മൂന്ന് കുംഭമേളകളിൽ പങ്കെടുത്തിട്ടുണ്ട് അവിടുത്തെ ഒരു സവിശേഷത എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും വലിയ വലിയ പന്തലുകളിലൊക്കെ അവിടെ നിരന്തരം ആൾക്കാരിരുന്ന് ആത്മതത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരം ഓരോ സ്ഥലത്തും പ്രഭാഷണമാണ് ലക്ഷക്കണത്തിന് ആൾക്കാർ കൂടുന്നു കുറെ പേരും കുറച്ചു കേട്ടുകൊണ്ടിരിക്കും കുറെ പേരെല്ലാം കേൾക്കും കുറെ പേരത് ശ്രദ്ധിക്കാറില്ല കുറച്ചുപേരും കേൾക്കും പക്ഷെ കേൾക്കുന്നവരായാലും ശരി പറയുന്നവനായാലും ശരി പറയുന്നവരും കേൾക്കുന്നവരും എല്ലാവരും കൂടെ ഒരുമിച്ചു അവസാനം പാകം പാകം നശിക്കാൻ വേണ്ടി ഗംഗയിൽ നിറങ്ങി കുളിച്ചാണ് അവരെ പാപം നശിക്കുന്നത് പറയുന്നവനും ജ്ഞാനം കൊണ്ട് പാപം നശിക്കുന്നില്ല കേൾക്കുന്നവനും ജ്ഞാനം കൊണ്ട് പാപം നശിക്കുന്നില്ല എന്തിനാണെന്ന് രണ്ടു കൂട്ടർക്കും അറിയില്ല അവരെ പാപം നശിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത് ഗംഗത്ത് ഇറങ്ങി കുളിക്കുകയാണ് കുളിച്ചാൽ പാപം നശിക്കുന്നു അതവരുടെ വിശ്വാസം പറയുന്ന പണ്ഡിതനും ീ പറയുന്നതിന് ബോധ്യമുണ്ട് അക്കാര്യമാണ് പറയുന്നത് അപ്പൊ അറിഞ്ഞാൽ അറിഞ്ഞാൽ അവന്റെ ബോധം കൊണ്ട് തന്നെ അവന്റെ പാപം നശിക്കണം പിന്നെ പാപം നശിക്കാൻ വെച്ചാൽ വേറെ പുറകിൽ പോകരുത് ആ ബോധ്യം എന്ന് എന്റെ പാപം നശിച്ചു എന്നും എന്റെ ആദി വ്യാധികൾക്കെല്ലാം പരിഹാരമായി നിധത്തിന് സ്വയം ബോധ്യം വരും അല്ലെങ്കിൽ പിന്നെ അവൻ എന്താ പറയുക അവനവിടെ പറയും നരാധമൻ മനുഷ്യരിൽ വച്ച് അധമനാണ് അവൻ അവനിങ്ങനെ ഒരു അവസരമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ മനസ്സിലാക്കിയിട്ടും ആ ബോധം അവനൊന്നും പ്രവർത്തിക്കുന്നില്ല അവൻ വീണ്ടും എന്ത് ചെയ്യുന്നു ഈ വേറെ പണിക്ക് പോവുകയാണ് അവന്റെ പാപം നശിപ്പിക്കാൻ വേണ്ടിയിട്ടവൻ മറ്റു പണിക്ക് പോവുകയാണ് അവന് പിന്നെ നരന്മാരൻ വെച്ച അധമനെന്നല്ല എന്തു പറയും ആണ് പറയുന്നത് പ്രാമാണിക തജ്ഞസ് വക്തസ് അനുദൃഷ്ടതയോ വാക്യം പ്രാമാണികനാണ് ശരി ബോധമുള്ളവനാണ് പറയുന്നവനാണ് അവനോടാണ് ചോദിച്ചത് അവനിൽ നിന്ന് മനസ്സിലാക്കി അപ്പോ ഈ പറയുന്നവന് ബോധമുണ്ടോ എന്നേതാ സംശയം പറയുന്നതിന് ബോധമുള്ളതെന്ന് സംശയിക്കുന്നുണ്ട് കാരണം ഈ പറയുന്നത് നമ്മൾ കേൾക്കുന്നത് ഒരു ശാസ്ത്രമാണ് ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ബോധവളവും പറഞ്ഞതാണ് അപ്പൊ നമ്മൾ കേൾക്കുന്നത് ബോധവളും പറഞ്ഞത് തന്നെയാണ് അതാണ് ശാസ്ത്രവും അങ്ങനെ ഉള്ളവന്റെ ഇഹവാക്യം ഏതൊരു വാക്യമാണ് ഈ ശാസ്ത്രത്തിൽ നമ്മളെ ബോധിപ്പിക്കുന്ന ഈ അറിവ് ജ്ഞാനം തത്വജ്ഞാനം ഒരു തന്റെ പാപബോധത്തെ ഇല്ലാതാക്കുക ഒരുവന്റെ അധമബോധത്തെ ഇല്ലാതാക്കുക ഞാൻ അധമനാണ് ഞാൻ നീജനാണ് ഞാൻ പാപിയാണ് ഞാൻ അജ്ഞനാണ് ഇങ്ങനെയൊക്കെയുള്ള ഈ അധമബോധത്തെ ഇല്ലാതാക്കുന്നതായ ഈ ശാസ്ത്രത്തിന്റെ വാക്യം യോ അനുഷ്ഠിക്കുന്നു അതിനനുഷ്ഠിക്കാത്തതെന്ന് വെച്ചാൽ അതിന് കേട്ടിട്ട് തള്ളിക്കളയും കേട്ടിട്ട് തട്ടിക്കളിയാന്ന് വെച്ചാൽ കേട്ടിട്ടും അവന്റെ ഉള്ളിൽ ആ ബോധമുണ്ടാവും കണക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്തൊരു കുട്ടി കണക്ക് സാറിന്റെ ക്ലാസ്സിലിരുന്നിട്ട് ക്ലാസ് മുഴുവൻ കഴിഞ്ഞിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ എങ്ങനെയും അവന്റെ മനസ്സിൽ ഒന്നും കണക്ക് അവന്റെ മനസ്സത് ഉൾക്കൊള്ളത്തില്ല പക്ഷെ അവൻ മുഴുവൻ സമയം അവിടെ ഇരിക്കും അതുപോലെ ഈ ശാസ്ത്രവാക്യങ്ങളെ കേട്ടിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അംശുകേനീയോ കുങ്കുമം പട്ടുവസ്ത്രത്തിൽ എങ്ങനെയാണോ കുങ്കുമം പിടിക്കുന്നത് അതുപോലെ പിടിക്കാത്തത് അവന്റെ മനസ്സിലൊന്നും പറയുന്നില്ല കേൾക്കുന്നത് അവനെന്താ പറയേണ്ടത് നസ്മ നരാധ നരാധമനാണ് അപ്പൊ ഇതൊന്നും അറിയാതെ പോയി പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് വിശ്വാസപൂർവകമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഇപ്പോൾ നുകഴിവാകാവുന്നോണ്ട് അവന് നിർമ്മിച്ചൊരു ബോധം അവനവന്റെ വിശ്വാസത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അവരെ കുറിച്ചല്ല എവിടെ പറയുന്നു വിടെ പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഒരു അവസരം വന്നിട്ടും അറിയാക്കാം എന്നിട്ടും ബോധ്യം വരാക്കാം അവൻ പാപപരിഹാരത്തിനായി മറ്റെന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുക കാരണം ഈ പാപംന്ന് പറയുന്നത് കാരണം ദുഃഖത്തിന് കാരണമായി ഞാൻ പാപത്തെയാണ് അതുകൊണ്ടാണ് പാപം പറയുന്നത് ാധികൾക്കെല്ലാം കാരണം ദുഃഖം ആദി വ്യാധികൾക്ക് ആദി വ്യാധികൾക്കെല്ലാം കാരണം പാപമെന്നാണ് ആദി വ്യാധികൾക്ക് കാരണം പാപമെന്ന് എന്തുകൊണ്ട് കരുതുന്നു ആദി വ്യാധികൾക്ക് കാരണം പാപമാണ് അല്ല ആദി വ്യാധികൾക്കെല്ലാം കാരണം അവന്റെ അജ്ഞാനമാണെന്നാണ് കൊടുത്തത് അവന്റെ അറിവില്ലായ്മയാണ് അവന്റെ അറിവില്ലായ്മക്ക് അവൻ കൊടുക്കുന്ന പേരാണ് പാപം അതുകൊണ്ട് അറിവില്ലായ്മയാണോ അറിവില്ലായ്മ പരിഹരിച്ച് കഴിഞ്ഞാൽ പിന്നെ പാപത്തെ പരിഹരിക്കാവൊക്കെ ചെയ്യേണ്ട കാര്യമില്ല അറിവില്ലായ്മ അറിവുകൊണ്ടേ പരിഹരിക്കാം അപ്പൊ പിന്നെ പാപം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രവൃത്തിയുടെ ആവശ്യമില്ല അപ്പോ പാപത്തെ മുൻനിർത്തി മനുഷ്യനെന്ത് ചെയ്യുന്നു അനുഷ്ഠാനങ്ങളേർപ്പെടും ആ പാപമില്ലാതെ അങ്ങനെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും എല്ലാം ഏർപ്പെടുത്തുന്നതിന് പാപത്തെ മുന്നറിയിക്കിയിട്ടാണ് അതിനു പേരും എന്ത് ചെയ്യണം അറിവില്ലായ്മ മുൻനിർത്തി അറിവ് സമ്പാദിക്കാനായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് കാരണം പാപമല്ല പുസ്തകത്തിൽ നിങ്ങൾക്കെല്ലാം കാരണം അറിവില്ലായ്മ അപ്പൊ ആ പാപബോധത്തിൽ അതിനെ മാറ്റുകയിട്ടു റിവില്ലായ്മയാണെന്നുള്ള ബോധത്തിലേക്ക് അവനെ കൊണ്ടുവരികയാണ് ഇവിടെ അപ്പൊ പിന്നെ പാപ പരിഹാരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണോ ഒന്നും ചെയ്യണ്ട അങ്ങനെ ഒന്നും ഇല്ലല്ലോ അത് ഇപ്പൊ മനുഷ്യൻ എന്ത് ചെയ്യുന്നു വിവേകശൂന്യമായ പ്രവൃത്തി ചെയ്യുന്നു നമ്മൾ പറയുന്നത് എന്താണ് വിവേകശൂന്യമായ പ്രവൃത്തി അതുകൊണ്ട് അവന് പാപബോധം ഉണ്ടാവും അപ്പൊ വിവേകശൂന്യമായ പ്രവൃത്തി കൊണ്ടാണല്ലോ പാപബോധം ഉണ്ടാകുന്നത് അപ്പൊ വിവേകം ഉണ്ടെങ്കിൽ പിന്നെ വിവേകശൂന്യമായ പ്രവൃത്തിയില്ല അപ്പൊ വിവേകശൂന്യമായ പ്രവൃത്തി ഇല്ലെങ്കിൽ പിന്നെ പാപബോധമുണ്ട് അപ്പൊ ഈ പാപബോധം എന്ന് പറയുന്നത് കേവലം അറിവില്ലായ്മ മാത്രമാണല്ല അങ്ങനെ ഒന്നുമില്ല മനുഷ്യൻ അതുകൊണ്ട് അറിവ് നേടുന്ന വഴിയെ സഞ്ചരിക്കുക അതാണ് ഇവിടെ പറയുന്നത് ആത്മബോധത്തിന്റെ വഴിയെ സഞ്ചരിക്കുക അല്ലെങ്കിൽ എന്താണവൻ നരാധമനാണെന്ന് അതുകൊണ്ട് ആരെ സന്ദീപിക്കണം എന്തവ നേടണം എങ്ങനെ അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അക്കാര്യത്തെക്കുറിച്ചാണ് ഒരു ധാരണ ആദ്യം വേണ്ടത് അതാണ് അത് അടുത്ത് പറയുന്നത് അജ്ഞത തജ്ഞത പൂർവം വക്തും നിർണീയ കാര്യത യക്കരോതി നരപ്രശ്നം പൃച്ഛക സം മഹാമതി വക്ത തജ്ഞത പൂർവം നിർണീയ കാര്യത നിർണീയ ആരാടണോ എന്ന് ചോദ്യം ചോദിക്കുന്ന എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതിന് പരിഹാരം എന്താണ് എനിക്ക് പാപഭ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ദുഃഖമുണ്ട് ഞാൻ പാവിയാണ് എന്റെ ഭാവി ഞങ്ങളും ഞങ്ങയായിരുന്നു മനുഷ്യനായിരുന്നു അതോ മൃതമായിരുന്നു ഇങ്ങനെയൊക്കെയാണല്ലോ അവൻ ചിന്തിക്കുന്നു അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ അവന്റെ ഉള്ളിൽ വരുന്ന ചോദ്യങ്ങൾ ആരോട് ചോദിക്കണം ആദ്യം അജ്ഞത തജ്ഞതയെ ഇത്തരം വിഷയങ്ങളിലുള്ള അറിവും അറിവില്ലായി അജ്ഞത അറിവില്ലായ്മ അതജ്ഞത ഈ വിഷയത്തിലുള്ള ഇത് രണ്ടും എന്ത് ചെയ്യണം ഈ ചോദ്യം ചോദിക്കാൻ പോകുന്നവർ പൊറോന്നല്ല ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്താ ധാരണ എന്നുള്ളതിനെക്കുറിച്ച് ഈ ചോദിക്കാൻ പോകുന്നവനാദ്യം തീരുമാനിക്കും പൂർവ്വം നിർണയിക്കും എങ്ങനെ നിർണയിക്കണം കാര്യങ്ങൾ അവന്റെ പ്രവൃത്തികളുണ്ട് അതായത് ഈ വ്യക്തി ദുഃഖത്തെ എങ്ങനെ നിവർത്തിപ്പിച്ചു ആ ദുഃഖം നിവർത്തിക്കാൽ എന്ത് ഉപായമാണ് ഇത് ആദ്യം സ്വന്തം ദുഃഖം നിവർത്തിയാഗ്രഹിക്കുന്നവൻ ആരെങ്കിലും സമീപിച്ചെന്താ ഇതിന് പരിഹാരം എന്നാണ് എനിക്കിപ്പോ രോഗം വന്നു ഞാൻ എൻ്റെ രോഗം ചികിത്സിക്കണമെങ്കിൽ ആദ്യം ഒരു ഡോക്ടറെ സമീപിക്കുന്നു ഡോക്ടറെ സമീപിക്കുകയല്ല ആ ഡോക്ടറുടെ യോഗ്യതയെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കി ഇയാൾക്ക് യോഗ്യത എന്നെ ചികിത്സിക്കണം എനിക്ക് അസുഖമുണ്ടായി അസുഖം ഉണ്ടായപ്പോൾ ഞാനൊരു ഡോക്ടറെ അടുത്ത് പോയി കഥയുത ഉള്ളതായും പറയും ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിച്ചു കുറച്ച് ദിവസം ചികിത്സിച്ചതാക്കഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ഇതേ രോഗം കൊണ്ട് ഈ ഡോക്ടർ വളരെയധികം വലയുന്നു ഉള്ള കാര്യം ഞാൻ പറയും എന്നെക്കാട് ഒരുപാട് പ്രശ്നം ഈ രോഗം കൊണ്ട് ഈ ഒരു ഡോക്ടറെ അനുഭവിക്കുന്നുണ്ട് ഇതെപ്പോഴാണോ അന്ന് ഞാൻ ഡോക്ടറെ മാറ്റി ഇപ്പം ഞാൻ വേറെ ഡോക്ടറെ കൊണ്ട് അചിത്സിക്കുന്നു കാരണം എന്റെ രോഗം കൊണ്ട് വരയുന്ന ഒരു ഡോക്ടറെ കൊണ്ട് ഞാൻ ചികിത്സിച്ചിട്ട് എന്താ കാര്യം അത് ശരിക്കും എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ നോക്കിയപ്പോ എന്നെക്കാൾ ഒരുപാട് പ്രശ്നം എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ ഞാൻ ഡോക്ടറോട് ചോദിച്ചെന്താ പ്രശ്നം എനിക്കിതാ രോഗം നോക്കിയപ്പോ എന്നെക്കാൾ വളരെ വരഞ്ഞിരിക്കുകയാണ് ഇനി ഞാൻ ഡോക്ടറെ കൊണ്ട് ഞാൻ ചികിത്സിപ്പിച്ചിട്ട് വേണ്ട കാര്യമാണ് അന്ന് ഞാൻ ഡോക്ടറെ മാറ്റി ഇപ്പൊ ഞാൻ വേറൊരു ഡോക്ടർ എന്റെ കൂടെ ഹോസ്പിറ്റൽ വരുന്നവർക്ക് ഈ കഥയൊക്കെ അറിയില്ല വെറുതെ തമാശ കഥ പറയുകയാണ് ഈ പാപപരിഹാരം എന്റെ ദുഃഖ ഈ വ്യക്തി നിങ്ങൾ ആരോടാണോ സംശയം ചോദിക്കാൻ പോകുന്നത് ആ വ്യക്തി എന്താണ് ഇതിനെ വ്യക്തിയുടെ കാഴ്ചപ്പാടു ധാരണ എന്താണ് പിന്നെ അയാളുടെ ദുഃഖങ്ങൾ പരിഹരിക്കാൻ അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇത് ആദ്യം മനസ്സിലാക്കണം അയാൾ അയാളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിച്ചിരിക്കുന്നു അയാൾ ഈ പറയുന്ന അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും മിജ തത്വ്ഞാനും അല്ലാതെ ഇതിലൊക്കെയാണ് അയാൾ പൊലീൻ കിടക്കുകയാണെങ്കിൽ അതിൽ നിന്നും ശാശ്വതമായ നിത്യമായ ഒരു ദുഖം നിവൃത്തി ആഗ്രഹിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ആ വ്യക്തി എന്താണോ പ്രസാദിച്ചത് അത് കുറച്ച് നമുക്ക് സാധിക്കാൻ പറ്റും കൂടുതലും എന്തെങ്കിലും അതിനൊപ്പം പോലും ചിലപ്പോൾ സാധിക്കാൻ പറ്റിയെന്ന് കാരണം ആ വ്യക്തി എന്ത് നമ്മൾ ചോദ്യം ചോദിക്കാൻ പോകുന്ന വ്യക്തി ഇത് പെട്ട് കടന്ന് അയാളുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കില്ല അവിടെ പറയുന്ന ആന്തരികമായ സുഖതത്വം കൊണ്ട് പരിഹാരത്തിന്റെ കാര്യമാണ് പറയുന്നത് ഭൗതികമായ വിഷയങ്ങളെ കുറിച്ചല്ല അപ്പോൾ ഒരാൾ സ്വയം അതൊക്കെ പരിഹരിക്കണ്ടേ സ്വയം എങ്ങനെ പരിഹരിക്കണമെന്നൊന്നാണ് അയാളുടെ പാപബോധം നശിപ്പിക്കാൻ അയാൾക്ക് പാപബോധം കൊണ്ട് അയാളുടെ പാപബോധം നശിപ്പിക്കാൻ വേണ്ടി അയാൾ കുളിക്കാനാണ് പോകുന്നതെങ്കിൽ അയാളടുത്ത് കഴിഞ്ഞിട്ട് എന്റെ പാപബോധ നശിപ്പിക്കാൻ എന്താ വഴിന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല കാര്യത അയാളുടെ പ്രവൃത്തി കണ്ടാൽ നിന്ന് മനസ്സിലാക്കാം എന്താണ് പാപത്തിന് പരിഹാരം കുളിയാണ് അപ്പൊ കുളിച്ചാൽ മതി കൂടുതലും ചോദിക്കേണ്ട കാര്യം ഇല്ല അതാണ് അജ്ഞത തജ്ഞതയും ഈ വിഷയത്തെ കുറിച്ചുള്ള അറിവിന്റെ അറിവും കാര്യത ഭക്ത ആ വ്യക്തിയില് നമ്മൾ ഉപദേശിക്കുന്നവരുടെ ഇത് രണ്ടും അയാളുടെ കാര്യം കൊണ്ട് പ്രവൃത്തി കൊണ്ട് ആദ്യം നിർണയിച്ച് പിന്നെ വേണം ചോദിക്കാനായിട്ട് അങ്ങോട്ട് സമീപിക്കുക ഇയാളെ കുളിക്കുകയാണ് അങ്ങനെ പിന്നെ അങ്ങോട്ട് പോയി ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ പോയി കൂട്ടത്ത് ക്യൂവിൽ നിന്നും കുളിച്ചാൽ മതി വേറൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല പരിഹാരം ഉണ്ടാകത്തില്ല പ്രശ്നങ്ങൾക്കൊരു ശാശ്വതമായ പരിഹാരം ഒരിക്കലും ഉണ്ടാകത്തില്ല എന്തെച്ചാൽ വിവേകം കൊണ്ടാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളതായി ഈ വ്യക്തിക്കും അറിയില്ല ഈ വ്യക്തിയും എന്ത് ചെയ്യുന്നു വിവേകശൂന്യമായ ആചാരങ്ങളിലൂടെ പ്രവൃത്തികളിലൂടെ ഇതിനെ പരിഹരിക്കാൻ പോവുകയാണ് പരിഹാരം ഉണ്ടാകത്തില്ല യക്കരോറി നില പ്രശ്നം അതുകൊണ്ട് ഇതെല്ലാം വേണ്ടവണ്ണം ചിന്തിച്ചിട്ട് വ്യക്തിയെ മനസ്സിലാക്കി ശരിയായ ഡോക്ടറാണ് ഇയാൾ ചികിത്സിക്കാൻ കഴിയും എന്നും മനസ്സിലാക്കി അയാളോട് നില പ്രശ്നം കരുത് ഏതൊരാളാണ് ചോദിക്കുന്ന എന്താണ് എന്റെ ഉപായത് എന്റെ രോഗത്തിൽ എന്താണ് ചികിത്സ തന്റെ രോഗത്തിന് ശരിയായ ചികിത്സ നൽകാൻ ഇയാൾക്ക് കേൾപ്പുണ്ടെന്ന് മനസ്സിലാക്കിയാല് ചികിത്സയ്ക്ക് വേണ്ടി എടുക്കാവും എന്നാണ് ഇവിടെ പറയുന്നത് തത്വജ്ഞാനി എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനി എന്ന് പറയുന്ന അത് എന്താണ് ഈ പറയുന്നതിന്റെ സാധനം സ്വന്തം ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയിട്ട് തന്റെ ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയിട്ട് എന്താണോ ദുഃഖ നിവൃത്തിക്ക് ഉദകാ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവന് അവനൊരിക്കലും ദുഃഖ ശരിയായ ഒരു ഉപായത്തെ മറ്റൊരാൾക്ക് ഉപദേശിക്കാൻ കഴിയത്തില്ല അപ്പോൾ തത്വജ്ഞാനി സ്വന്തം ദുഃഖം നിവൃത്തിക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവൻ തത്വജ്ഞാനിയാണ് തത്വജ്ഞാനത്തെ നമ്മൾ മാറ്റം വരുത്താൻ ശ്രമിക്കരുത് തത്വജ്ഞാനം എന്താണത് തന്നെയാണ് ജ്ഞാന വിവേകമെന്ന് പറയുന്നത് അതിനെ മാറ്റി എടുക്കും അത് നമ്മൾ കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ അത് കൃത്യമായി പറയു അല്ല ഇനി നമ്മൾ കുളി ചേർക്കരുത് എന്താണ് അങ്ങനെയുള്ള തത്വജ്ഞാനികളും കാണുമ്പന്താണ് ദുഃഖനികൃത്തിക്ക് വേണ്ടി കുളിക്കുന്ന തത്വജ്ഞാനി എന്ന് പറഞ്ഞാൽ അത് തത്വജ്ഞാനിയെല്ലാം മൂഢനാണ് ദുഃഖനികൃത്തിക്ക് വേണ്ടി കുളിക്കുന്നവൻ തത്വജ്ഞാനിയല്ല അപ്പൊ കുളി വരുന്നത് വലിയ സംഭവമായ ഞാൻ ഈ കുളിയുമായി ബന്ധപ്പെടുത്തി പറയും അപ്പോഴെപ്പോഴും കലോചിതമായി വ്യാഖ്യാനിക്കുന്നാണല്ലോ മനസ്സിലായോ അപ്പോൾ ഒരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു തത്വജ്ഞാനി അല്ല പിന്നെ അയാളെ കൂടി തത്വജ്ഞനാക്കിയിട്ട് എന്ത് കിട്ടാനാണ് നിങ്ങളോ നശിപ്പിച്ചു ഒരു തത്വജ്ഞാനീ കൂടെ നശിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് അങ്ങനെ ഒരു തത്വജ്ഞാനി എന്നാണ് മനസ്സിലായി പാലിൽ വെള്ളം ചേർക്കാം നിൽക്കാൻ പറ്റിയ തത്വജ്ഞാനിച്ച് വെള്ളം ചേർക്കുക അത് പരിശുദ്ധമായി തന്നെ സേവിക്കുക അതിന് മായം ചേർക്കെ ബാക്കി എന്തിനു വേണോ മായം ചേർത്ത അവന് പറയുന്നത് കാര്യതഹ അയാളുടെ പ്രവൃത്തി കൊണ്ട് അയാളുടെ ജ്ഞാനാജ്ഞാനങ്ങളെ മനസ്സിലാക്കിയതിനു ശേഷം അവനെ സമീപിക്കുക ഈ പ്രശ്നപരിഹാരത്തിനായി എക്കരോതിരഹ പ്രശ്നം കരോതി ആരാണോ അവനോട് പ്രശ്നം ചോദ്യം ചോദിക്കുന്നത് സ പ്രാമതി അവനാണ് ബുദ്ധിമാനായ ചോദ്യകർത്താവ് അവന് എന്താണ് പരിഹാരം ഉണ്ടാകുന്നത് ഇവിടെ പറയുന്നത് തത്വജ്ഞാനത്തിന്റെ വഴി തത്വജ്ഞാനത്തിലൂടെയുള്ള പരിഹാരം അതുകൊണ്ട് തത്വജ്ഞാനത്തിന്റെ മഹത്വം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിന് നമ്മൾ വേറെ ഒന്നും കൊണ്ടു ചേർക്കാൻ ശ്രമിക്കും ഞാനീ സാധാരണക്കാരനെ പോലെയാണോ അസാധാരണ അതൊന്നുമല്ല ഇവിടത്തെ വിഷയം ഞാനോളവൻ എങ്ങനെയായിരിക്കും അവന്റെ ആചാരം അതൊന്നുമല്ല ഇവിടെ പറയും ഇവിടെ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുക എന്താണ് തന്റെ രോഗത്തിന് ചികിത്സിക്കാൻ കഴിയാത്ത ഒരു ഡോക്ടറെ അടുത്ത് പോയി അതേ രോഗമായിട്ട് നമ്മൾ പോയി ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത് രോഗം മാറ്റാൻ കഴിയുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി ചികിത്സിച്ചിട്ട് എന്താ കാര്യം അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യം വ്യക്തമാണ് അതിന് പിന്നെ നമ്മൾ വേറെ ഒന്നും കൂട്ടിച്ചേർത്തു